ം പന്ത്രണ്ട് രഹബയാമിനെ രാജാവാക്കേണ്ടതിന് എല്ലാ ഇസ്രയേലും ശേഖമിൽ വന്നിരുന്നതുകൊണ്ട് അവനും ചെന്നു നബാത്തിന്റെ മകനായ യോരോബയാം മിസ്രീമിൽ അത് കേട്ടാറേ ഷലോമോൻ രാജാവിന്റെ സന്നദ്ധിയിൽ നിന്ന് യോരോബയാം മിസ്രൈമിൽ ഓടിപ്പോയി അവിടെ പാർത്തിരിക്കുമ്പോൾ അവർ ആളയച്ച് അവനെ വിളിപ്പിച്ചിരുന്നു യൂരോബയാമോ ഇസ്രയേൽ സഭയൊക്കെയും വന്ന് രഹബയാമിനോട് സംസാരിച്ചു നിന്റെ അപ്പൻ ഭാരമുള്ള നുകം ഞങ്ങളുടെ മേൽ വെച്ചു നിന്റെ അപ്പന്റെ കഠിനവേലയും അവൻ ഞങ്ങളുടെ മേൽ വച്ചിരിക്കുന്ന ഭാരമുള്ള നുകവും നീ ഭാരം കുറച്ചു എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു അവൻ അവരോട് നിങ്ങൾ പോയി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും എന്റെ അടുക്കൽ വരുവീൻ എന്നു പറഞ്ഞു അങ്ങനെ ജനം പോയി രഹബയാം രാജാവ് തൻറെ അപ്പനായ ചലോമോന്റെ ജീവകാലത്ത് അവന്റെ സന്നദ്ധിയിൽ നിന്നിരുന്ന വൃദ്ധന്മാരോട് ആലോചിച്ചു ഈ ജനത്തോട് ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് ചോദിച്ചു അതിനവർ അവനോട് നീ ഇന്ന് ഈ ജനത്തിന് വഴിപ്പെട്ട് അവരെ സേവിച്ച് അവരോട് നല്ല വാക്കു പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചന അവൻ ത്യജിച്ചു തന്നോടുകൂടെ വളർന്നവരായി തന്റെ മുമ്പിൽ നിൽക്കുന്ന യൗവനക്കാരോട് ആലോചിച്ചു നിന്റെ അപ്പൻ ഞങ്ങളുടെ മേൽ വച്ചിരിക്കുന്ന മുഖം ഭാരം കുറച്ചു തരണം എന്നിങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ള ഈ ജനത്തോട് നാം ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്നവരോട് ചോദിച്ചു അവനോട് കൂടെ വളർന്നിരുന്ന യൗവനക്കാർ അവനോട് നിന്റെ അപ്പൻ ഭാരമുള്ള മുഖം ഞങ്ങളുടെ മേൽവെച്ചു നീ അത് ഞങ്ങൾക്ക് ഭാരം കുറച്ചു തരേണമെന്ന് നിന്നോട് പറഞ്ഞ ഈ ജനത്തോട് എന്റെ ചെറുവിരൽ എന്റെ അപ്പന്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും എന്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ള മുഖം വെച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ മുഖത്തിന് ഭാരം കൂട്ടും എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടികൊണ്ട് ദണ്ണിപ്പിച്ചു ഞാനോ പേളുകളെ കൊണ്ട് നിങ്ങളെ ദണ്ണിപ്പിക്കും എന്നിങ്ങനെ നീ ഉത്തരം പറയണം എന്നു പറഞ്ഞു മൂന്നാം ദിവസം എന്റെ അടുക്കൽ വീണ്ടും വരുവീനെന്ന് രാജാവ് പറഞ്ഞതുപോലെ യോരോബയാമും സകല മൂന്നാം ദിവസം രഹബയാമിന്റെ അടുക്കൽ ചെന്നു എന്നാൽ രാജാവ് ജനത്തോട് കഠിനമായി ഉത്തരം പറഞ്ഞു വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചനയെ അവൻ രചിച്ചു യൗവനക്കാരുടെ ആലോചന പോലെ അവരോട് എന്റെ അപ്പൻ ഭാരമുള്ള നുഖം നിങ്ങളുടെ മേൽവെച്ചു ഞാനോ നിങ്ങളുടെ മുഖത്തിന് ഭാരം കൂട്ടും എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടികൊണ്ട് ദണ്ണിപ്പിച്ചു ഞാനോ തേളുകളെ കൊണ്ട് നിങ്ങളെ ദണ്ണിപ്പിക്കും എന്നുത്തരം പറഞ്ഞു ഇങ്ങനെ രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല യഹോവ ശീലോന്യനായ അഹിയാവും കാന്തരും നെബാത്തിന്റെ മകനായ യോരോബയാമിനോട് അരുളി വചനം നിവൃത്തിയാകേണ്ടതിന് ഈ കാര്യം ഈ ഹോവയുടെ ഹിതത്താൽ സംഭവിച്ചു രാജാവ് തങ്ങളുടെ അപേക്ഷ കേൾക്കയില്ലെന്ന് എല്ലാ ഇസ്രയേലും കണ്ടപ്പോൾ ജനം രാജാവിനോട് ദാവീദിങ്കൽ ഞങ്ങൾക്ക് എന്തോഹരി ഉള്ളൂ ഇഷായിയുടെ മകങ്കൽ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ ഇസ്രയേലെ നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പൊയ്ക്കൊള്ളുവീൻ ദാവീദേ നിന്റെ ഗ്രഹം ൊള്ള എന്നുത്തരം പറഞ്ഞ് ഇസ്രയേൽ തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി യഹൂദാനഗരങ്ങളിൽ പാർത്തിരുന്ന ഇസ്രയേലിയർക്കോ രഹബയാം രാജാവായി പിന്നെ രഹബയാം രാജാവ് ഊഴിയവേലയ്ക്ക് മേൽവിചാരകനായ അദോരാമിനെ അയച്ചു എന്നാൽ ഇസ്രയേലൊക്കെയും അവനെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു രഹബയാം രാജാവോ വേഗത്തിൽ രഥം കയറി എരുശിലെമിലേക്ക് ഓടിപ്പോന്നു ഇങ്ങനെ ഇസ്രയേൽ ഇന്നുവരെ ദാവിദ് ഗ്രഹത്തോട് മത്സരിച്ച് നിൽക്കുന്നു യോരോബയാം മടങ്ങിവന്നു എന്ന് ഇസ്രയേലൊക്കെയും കേട്ടപ്പോൾ അവർ അവനെ സഭയിലേക്ക് വിളിപ്പിച്ച് അവനെ എല്ലാ ഇസ്രയേലിനും രാജാവാക്കി യഹൂദ ഗോത്രം മാത്രമല്ലാതെ മറ്റാരും ദാവീദ് ഗ്രഹത്തിന്റെ പക്ഷം ചേർന്നില്ല രഹബയാം എരുഷലേമിൽ വന്നശേഷം ഇസ്രയേൽ ഗ്രഹത്തോട് യുദ്ധം ചെയ്ത് രാജത്വം ഷലോമോന്റെ മകനായ രഹബയാമിന് വീണ്ടുകൊള്ളേണ്ടതിന് അവൻ യഹൂദ ഗ്രഹം മുഴുവനിലും ബെന്യാമിന്റെ ഗോത്രത്തിലും നിന്ന് ശ്രേഷ്ഠ യോദ്ധാക്കളായ ഒരു പേരെ ശേഖരിച്ചു എന്നാൽ ദൈവപുരുഷനായ ഷമയ്യാവിന് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ നീ ഷലോമോന്റെ മകനായി യഹൂദാ രാജാവായ രഹബയാമിനോടും യഹൂദയുടെയും ബെന്യാമിന്റെയും സകലഗ്രഹത്തോടും ശേഷം ജനത്തോടും പറക നിങ്ങൾ പുറപ്പെടരുത് നിങ്ങളുടെ സഹോദരന്മാരായ ഇസ്രയേൽ മക്കളോട് യുദ്ധം ചെയ്യുകയുമരുത് ഓരോരുത്തൻ താൻ താൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുകയും ഈ കാര്യം എന്റെ ഹിതത്താൽ ഉണ്ടായിരിക്കുന്നു എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു അവർ യഹോവയുടെ അരുളപ്പാട് അനുസരിച്ച് യഹോവയുടെ കൽപ്പനപ്രകാരം മടങ്ങിപ്പോയി അനന്തരം യൂരോബയാ യഫ്രൈം മലനാട്ടിൽ ശേഖേം പണിത് അവിടെ പാർത്തു അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് പെന്നുവേലും പണുതൂ എന്നാൽ യോരോബയാം തന്റെ മനസ്സിൽ രാജ്യത്വം വീണ്ടും ദാവീത് ഗ്രഹത്തിന് ആയിപ്പോകും ഈ ജനം യരുഷലേമിൽ യഹോവയുടെ ആലയത്തിൽ യാഗം കഴിപ്പാൻ ചെന്നാൽ ഈ ജനത്തിന്റെ ഹൃദയം യഹൂദ രാജാവായ രഹബയാം എന്ന തങ്ങളുടെ യജമാനങ്ങളേക്ക് തിരികെ അവർ എന്നെ കൊന്ന് രാജാവായ രഹബയാമിന്റെ പക്ഷം ചേരുകയും ചെയ്യും എന്നു പറഞ്ഞു യാൽ രാജാവ് ആലോചിച്ച് പൊന്നുകൊണ്ട് രണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി നിങ്ങൾ യരുഷലേമിൽ പോയത് മതി ഇസ്രയേലെ ഇതാ നിന്നെ മിശ്രയിം ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവം എന്നവരോട് പറഞ്ഞു അവൻ ഒന്നിനെ ബഥലിലും മറ്റേതിനെ ദാനിലും പ്രതിഷ്ഠിച്ചു ഈ കാര്യം പാപഹേതുവായി തീർന്നു ജനം ഒന്നിന്റെ മുമ്പിൽ നമസ്കരിപ്പാൻ ദാൻ വരെ ചെന്നു അവൻ പൂജാഗിരി ക്ഷേത്രങ്ങളുമുണ്ടാക്കി സർവജനത്തിൽ നിന്നും ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരായി നിയമിച്ചു യഹൂദയിൽ ആചരിച്ചുവന്ന ഉത്സവം പോലെ യോരോബയാം എട്ടാം മാസം പതിനഞ്ചാം തീയതി ഒരു ഉത്സവം നിശ്ചയിച്ച് യാഗപീഠത്തിങ്കൽ ചെന്നു താനുണ്ടാക്കിയ കാളക്കുട്ടികൾക്ക് ഈ യാഗം കഴിക്കേണ്ടതിന് അവൻ ബേധലിലും അങ്ങനെ തന്നെ ചെയ്തു താൻ നിയമിച്ച പൂജാഗിരി പുരോഹിതന്മാരെ അവൻ ബേധലിൽ ആക്കി അവൻ സ്വമേധയായി നിശ്ചയിച്ച എട്ടാം മാസം തീയതി താൻ ബേധലിൽ ഉണ്ടാക്കിയ യാഗപീഠത്തിങ്കിൽ ചെന്ന് മക്കൾക്ക് ഒരു ഉത്സവം നിയമിച്ചു പീഢത്തിനരികെ ചെന്ന് തൂപം കാട്ടി